ക്ഷരമം തൊപ്പഖ്യാനൂതംഭവ്യമോതീതം തദപ്യോം ംബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സോയമാത്മാഷ്പാകാഗോപ്രൈകോനവിശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമ പാദ സപ്തോനവിശതിമുഖ പ്രവിക്തജോ ദ്ധ ഇത്രമയത്തെ കപ്നം പശ്യതി തത്സുഷുപം एकी സുഷുപനേകീഭൂത പ്രജ്ഞാനഘന എനന്ദമയോ യാഖപ്രാജ്ഞതൃതീയ പദ ഏഷരോന്ദരിയാമീഷ യോനി ൂ ഹി ഭൂത നന്ദം പ്രജ്ഞം നോ ഭേദ പ്രജ്ഞം പ്രജ്ഞാനഘനം പ്രജ്ഞം നദൃശ്യവ്യവഹാര്യം അഗ്രാഹ്യമലക്ഷണം അചിന്തിപദേശ്യം ഏകാത്മ പ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതു മഞ്ഞ സാത്മാേയ സോയമാത്മാധ്യക്ഷരം ഓമാത്രം मात्रा, मात्रा अकार उकार ജാഗൃതസ്ഥനോ വൈശ്വാനരുഥമാത്രമ ആത്മോരിഹ വൈ സർവാൻ കാതിശ്ചഭയേദ സ്വപ്നസ്ഥനസ്തൈജസ ഉോ ദ്ഭയ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്ധതി भोदी भोदी मात्रा സമാനശ്ചോതി നമ്മവിഷുപ്താ മകാരൃതീയാത്രപീതത്തെ भोदी വർ അപീതിഷവതിേത അമാത്ര ചതു അംവ്യവഹാര പ്രചോപോ അദ്വൈതം ഓങ്കാരാത്മൈവംശതി ആത്മന ആത്മാനമേം വേദ കഥും പുനോങ്കാരം നിർണ്ണയ ആത്മതത്വ പ്രതിപത്യുപായത്വം പ്രതിപത്യേങ്കർണം ഓങ്കാരത്തിന്റെ സ്വരൂപം എന്താണ് ഓങ്കാരം എന്ന് നിർണ്ണയിക്കുന്നത് ആത്മബോധത്തിന് എങ്ങനെ ഉപകരിക്കും പറയുന്നത് മോക്ഷം ആത്മബോധം കൊണ്ട് മാത്രമേ സാധ്യങ്ങളുള്ളൂ മറ്റൊന്നുകൊണ്ടും മോക്ഷ സാധ്യങ്ങളുണ്ട് അതാണ് ശങ്കരാചാര്യരുടെ മതം ആത്മബോധം ഓങ്കാര നിർണയം കൊണ്ട് സാധിക്കുമെന്നാണ് വിശേഷി മാണ്ഡു വിപൻഷത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഓങ്കാര വികാരത്തിലൂടെ ആത്മബോധം ഉണ്ടാകും അതങ്ങനെ അനന്ത പ്രമാണം ഉച്ചരെ ഓമിത്യേത് ഏത് ആലംബനം ഏത്യകാമ ഓമിത്യാത്മാനയും ചെയ്ത് ഓം ഇതി ബ്രഹ്മ ഓംകാരൃഷത്ത് തുടങ്ങിയ മറ്റു പനിഷത്തുകൾ ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു ഓമിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നു ഓമിന്റെ ഉപാസനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഓം പരമാത്മാവിന്റെ വാചകമാണെന്ന് പറഞ്ഞിരിക്കുന്നു അതിനാണ് ഈ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞത് അത് അദ്വൈത മതമനുസരിച്ച് അങ്ങനെ ർപ്പതമനുസരിച്ച് പറയുകയാണ് സർപ്പാദിവികല്പങ്ങൾ സർപ്പാദി നാനത്വബോധം അതിനാണ് വികല്പു പറയുന്നത് അതിനെല്ലാം ആസ്പദമായിരിക്കുന്ന ആധാരമായിരിക്കുന്ന എന്താണ് രജ്ജുവാദികളാണ് ഇവിടെ ഭ്രാന്തിയെ കുറിച്ച് പറയുകയാണ് രജ്ജു സർപ്പം തുടങ്ങിയ ഭ്രാന്തികളിൽ അവിടെ കയറും മറ്റുമാണ് സർപ്പം തുടങ്ങിയ ഭ്രാന്തിക്ക് ആധാരമായിരിക്കുന്നത് അതുപോലെ അദ്വൈമായിരിക്കുന്ന ആത്മാവ് അദ്വൈവും പരമാർത്ഥവുമായിരിക്കുന്ന ആത്മാവ് താൻ തന്നെ നിർത്തുന്നു ആത്മാന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നത് താൻ എന്നുള്ള അർത്ഥത്തിലാണ് സർവത്രുന്നത് ആയിരുന്നു കൊണ്ട് പ്രാണാതികൽപ്പസ്പദ പ്രാണൻ തുടങ്ങിയ പ്രാണൻ എന്നു ഇവിടെ പറയുന്നത് ആത്മാവിനോട് അടുത്തിരിക്കുന്ന ചേർന്നിരിക്കുന്ന സൂക്ഷ്മമായ പ്രാണൻ തുടങ്ങി മറ്റു മനസ്സ് സ്ഥൂല ശരീരം ബാഹ്യപ്രപഞ്ചം തുടങ്ങി നാനാത്വബോധം അതാണ് പ്രാണാദവികൽപം അതിനാസ്പദമായിരിക്കുന്നത് താൻ തന്നെയാണ് താൻ എങ്ങനെയായിരിക്കുന്നു അദ്വൈതനായിരിക്കുന്നു പരമാർത്ഥനായിരിക്കുന്നു ഏകനായിരിക്കുന്നു നിത്യശുദ്ധ മുക്തസ്വരൂപനായിരിക്കുന്നു എന്നെല്ലാം പറയും യഥാത ഇത് ഇങ്ങനെയിരിക്കെ ഇതുപോലെ തന്നെയാണ് സർവോപി വാക് പ്രപഞ്ച പ്രാണാധ്യാത്മവിക ഇതുപോലെയാണ് ഓങ്കാരവും ഇവിടെ ശ്രുതി തുടങ്ങിയിരിക്കുന്നു ഓം എന്ന് പറഞ്ഞ ഓംകാരത്തിന്റെ വിശേഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് സർവോപി വാക് പ്രപഞ്ചാലം മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ശബ്ദപ്രപഞ്ചം മുഴുവൻ ആ ശബ്ദം എന്തിനെ പ്രാണാദി വികല്പങ്ങളെ ാണൻ ശരീരം പ്രപഞ്ചം തുടങ്ങിയ കാര്യങ്ങളും ബോധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ശബ്ദം പ്രയോഗിക്കുന്നത് അതാണ് വികല്പ വിഷയമാണ് ശബ്ദം ശബ്ദത്തിന്റെ വിഷയങ്ങൾ വികല്പങ്ങളാണ് ഈ നാനാ പ്രപഞ്ചമാണ് അങ്ങനെ നാനാപ്രപഞ്ചത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ശബ്ദവും ഏകമായ ഓംകാരം തന്നെയാണ് ഓങ്കാരം എങ്ങനെ എല്ലാ ശബ്ദവുമാകും കാരണം നമുക്കറിയാം ഓം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശബ്ദമാണ് മറ്റു ഓരോ വിഷയങ്ങൾക്കും നമ്മൾ പ്രത്യേക ശബ്ദം ഉപയോഗിക്കും ഓം എങ്ങനെ എല്ലാ ശബ്ദവും അതിലൂടെ പറയുന്നു എന്താണോ സർവ ശബ്ദങ്ങൾക്കും ആധാരമായിരിക്കുന്നത് ഓങ്കാരമാണ് അതിന് എന്ന് പറയുന്നത് ശ്രുതി ആ ഓങ്കാരമാണെങ്കിലോ ആത്മസ്വരൂപമേവോ അത് ആത്മാവ് തന്നെ ഈ കാണുന്ന നാനാ പ്രപഞ്ച കല്പനയ്ക്കും ആധാരമായിരിക്കുന്ന ആ ആത്മാവ് അത് തന്നെയാണ് ഓങ്കാരം ഇവിടെ രണ്ടു കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഈ കാണുന്ന നാനാത്വബോധത്തിന് ആധാരമായിരിക്കുന്നത് താൻ തന്നെയാണ് ആത്മസ്വരൂപമായിരിക്കുന്നത് ഈ സർവശബ്ദങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർവ്വശ്ദങ്ങൾക്കും ആധാരമായിരിക്കുന്നു ഓങ്കാരം ആ ഓംകാരം അത് താൻ തന്നെ ഈ സർവവികല്പങ്ങൾക്കും ആധാരമായിരിക്കുന്നത് അത് ശബ്ദാത്മകമായ വികല്പമായാലും ദൃശ്യാത്മകമായ വികല്പമായാലും അതിനെല്ലാം ആധാരമായിരിക്കുന്നു താൻ തന്നെ സജ ആത്മസ്വരഭൂമിയായ ഓങ്കാരവും താൻ തന്നെയാണ് എന്തുകൊണ്ട് അഭിധായകത്വ ആത്മാവിന്റെ അഭിദായകമാണ് അഭിധായകം എന്ന് വെച്ചാ എന്റെ വാചകം അതിനെ കുറിക്കുന്ന ശബ്ദം ആത്മാവിനെ കുറിക്കുന്ന ശബ്ദമാണോ അതാണ് അവിടെ പറയുന്നത് യുക്തി ഈ സർവവികൽപങ്ങൾക്കും ആധാരമാണ് ആത്മാവെങ്കിൽ സർവശബ്ദങ്ങൾക്കും ആധാരമായിരിക്കുന്നത് ആത്മാവിനെ കുറിക്കുന്ന ശബ്ദമാണ് അവരൊരു യുക്തിയിലൂടെ പറയുകയാണ് ഇവിടെ മറ്റു പലതരത്തിലും അതിനെ വ്യാഖ്യാനിക്കുന്നെങ്കിൽ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് സർവവികൽപങ്ങൾക്കും ആത്മാവാണ് എങ്കിൽ ആത്മാവിനെ കുറിക്കുന്ന ശബ്ദമായിരിക്കും സർവശബ്ദങ്ങൾക്കും ആത്മവികൽപ്പവും അഭിധാനവും വ്യതിരകണം ആസ്തി വികാര ശബ്ദ സർവശ്ദങ്ങളും ഓങ്കാര വികാരമാണ് അത് ശബ്ദശാസ്ത്രത്തിലെ ഒരു നിയമമാണ് കാരണം ഓങ്കാരത്തിൽ പറയുന്നത് എന്താണ് അകാരം അകാരം അത് സ്ഥൂല രൂപത്തിൽ ചേർന്നിരിക്കുന്നു ഓങ്കാരത്തിൽ സൂക്ഷ്മത്തിൽ അമാത്രയാണ് പക്ഷെ സ്ഥൂലമായി അകാര മകാരങ്ങൾ ചേർന്നിരിക്കുന്നു ശബ്ദത്തിന്റെ ഉത്പത്തി അകാരത്തിൽ നിന്നാണ് അകാരോ സർവവാക്ക് ശ്രുതി പറയുന്നു ശ്രുതിയോട് മുഖ്യമായ പ്രമാണമായി സ്വീകരിക്കുന്നത് ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് തുടർന്ന് അന്വേഷിക്കുക എന്നാണ് പറയുന്നത് എന്താണ് അതിന്റെ ശാസ്ത്രീയത എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതിയിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് അതിനെന്തെങ്കിലും ശാസ്ത്രീയത നമ്മൾ കണ്ടെത്തണം അന്വേഷിച്ച് മനസ്സിലാക്കണം അകാരമാണ് സർവവാക്കുകളുടെയും ആധാരമായിരിക്കുന്നു ആകാരമാണ് അതിന് പറയും ഭാഷ ഓങ്കാരത്തിൽ പ്രധാനമായിരിക്കുന്നത് അതുകൊണ്ട് സർവവാക്കുകളും ഓങ്കാരത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നും മറ്റു ശുദ്ധി പറയുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ഓങ്കാര വികാര ശബ്ദ ഓങ്കാര വികാരങ്ങളാണ് സർവ്വശ്ദങ്ങൾ ആ ശബ്ദങ്ങൾ കൊണ്ടാണ് സർവപ്രാണാദി ആത്മവികൽപ്പവും ആത്മാവൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആത്മാവല്ല നാനാത്വങ്ങളായിരിക്കുന്നു ഈ പ്രാണാദികളെല്ലാം ശബ്ദങ്ങൾ കൊണ്ട് പറയുന്നതാണ് ആ ശബ്ദങ്ങൾക്കെല്ലാം ആദിയായിരിക്കുന്നു വങ്കാരമാണ് അഭിദാനം വിതിരയുകയാണ് നാസ്തി ഇതൊന്നും ഈ അർത്ഥങ്ങളൊന്നും ശബ്ദത്തിൽ നിന്ന് വേറിട്ടില്ല എന്നു പറയുമ്പോൾ അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് പ്രാണാതിരാത്മവികൽപ്പ അഭിദാന വ്യതിരേഖണ് നാസ്തി എന്നാണ് പ്രാണാതി വികല്പങ്ങൾ പ്രാണാതി വികല്പങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും അഭിദാനം വ്യതിരേഖ നാസ്തി അതാദിനെ കുറിച്ച് പറയുന്ന ശബ്ദങ്ങളിൽ നിന്നും വേറിട്ടില്ല എന്നാണ് ശബ്ദങ്ങളിൽ നിന്നും വേറിട്ട് അർത്ഥമില്ല എന്നാണ് പറയുന്നത് അഭിദാനം എന്ന് പറഞ്ഞാൽ വാചക ശബ്ദം അഭിധേയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഭിധായകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിധേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു പുസ്തകം എന്ന് പറയുന്നത് അഭിധേയം ആ വസ്തു പുസ്തകം എന്ന ശബ്ദം അഭിധായകം അല്ലെങ്കിൽ അഭിദാനം രണ്ടു രീതിയിലും പറയാം അഭിദാനം വിതിരയുകയാണ് ആ ശബ്ദത്തിൽ പുസ്തകമെന്ന് പറയുന്ന ഈ ശബ്ദത്തിൽ നിന്ന് വേറിട്ട് നാസ്തി പുസ്തകം എന്ന് പറയുന്ന വസ്തുവില്ല എന്നാണ് അതിന്റെ വാക്യാർത്ഥം പക്ഷെ അത് വാച്യാർത്ഥത്തിൽ വിജയിച്ചാൽ കുഴപ്പമില്ല താല്പര്യം എന്താണ് അതടുത്ത് ശ്രുതിയെ പ്രമാണമാക്കി പറയും വാചാരംഭണം ഈ ശ്രുതികളിലൂടെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നു ശബ്ദത്തിൽ നിന്ന് വേറിട്ട അർത്ഥമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിന്റെ താല്പര്യം വരാനെന്താണ് വാറ്റാരംഭണം വികാരവും നാമധൈര്യം നമ്മൾ ഇത് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് വാചാരംഭണം വാക് ആലംബനമാണ് വികാരങ്ങൾ എല്ലാ കാര്യങ്ങളും കേവലം വാക്കിനാശ്രയമായിരിക്കുന്ന എന്ന് വെച്ചാൽ അത് സത്യമല്ല നാം മുഖ്യമായതെന്താണ് നാമധേയം അത് കേവലം നാമം മാത്രമേ ഉള്ളൂ നാമധേയം എന്ന് വെച്ചാൽ നാമം ആ ശബ്ദം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അവിടെ പറയുന്നു അതിന് ദൃഷ്ടാന്തമായിട്ട് മൃത്തികെത്തിയവ സത്യം ആ രീതിയിൽ അതിനെക്കുറിച്ച് ാമത്തിൽ നിന്ന് വേറിട്ട് വസ്തു ഇല്ല എന്ന് പറയുന്നത് അങ്ങനെയാണ് മൃത്തിക മണ്ണ് മാത്രമാണ് സത്യം മണ്ണിൽ നിന്നുണ്ടായ പട്ടിയും ചട്ടിയും കലവും ഒന്നും സത്യമാണ് കുടവും കലവും ഒന്നും മണ്ണിൽ നിന്നുണ്ടായ കലം സത്യമല്ല എങ്ങനെ സത്യമല്ല കാണുന്നുണ്ടല്ലോ അത് അസത്യം പറയാൻ പറ്റും അതുകൊണ്ട് വെള്ളം കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വസ്തുവേങ്ങനെ അസത്യമാവും മണ്ണ് മാത്രം സത്യമെന്ന് എന്തുകൊണ്ട് പറയുന്നു അത് പറയുന്നതിനുള്ള യുക്തി എന്താണ് നമ്മളൊരാളോട് പറയാണ് മണ്ണ് സത്യമാണ് കുടം സത്യമല്ലെന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷമായ അത് ശരിയല്ല എന്തുകൊണ്ട് ഒരാൾക്ക് ബാധിക്കും മണ്ണ് പോലെ തന്നെ സത്യമാണ് കുടവും എന്തുകൊണ്ട് കുടം വെള്ളം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് മണ്ണുകൊണ്ട് അത് സാധിക്കുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ കലം അസത്യം എന്ന് പറയാൻ പറ്റില്ല മണ്ണും മണ്ണും അസത്യം എന്ന് പറയാൻ കേവലം പറയുന്നത് കൊണ്ട് മാത്രം ഒന്നും സത്യവും അസത്യവും ആകത്തില്ല അപ്പൊ പറയുന്നതിന്റെ താല്പര്യം എന്താ മണ്ണ് സത്യം ആ മണ്ണിൽ നിന്നുണ്ടായ കലം അത് പറയുന്നത് എന്താണ് കലം എന്ന് പറയുന്നത് വാഗാലംബനം മാത്രമാണ് വാക്കിന് ആലംബനമായ ഒന്നാണ് മണ്ണിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി ഒരു വസ്തുല്ല അതുകൊണ്ടാണ് അതിനസത്യം എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് വേറിട്ട് കലം എന്ന പേരും അതിന്റേതായ ആകൃതിയുമുള്ള ഒരു വസ്തു നിലനിൽക്കെ തന്നെ മണ്ണിൽ നിന്ന് വേറിട്ടതിന് സ്വതന്ത്രമായി അവിടെ ഒരു വസ്തുവില്ല അതുകൊണ്ടാണ് അതിനസത്യം പറയുന്നത് അതിനാർക്കും നിഷേധിക്കാൻ പറ്റും അക്കാലം എടുത്ത് പരിശോധിച്ചു പോവുക അതിന്റെ അകവും പിറവും കീഴും മേനും എല്ലാം പരിശോധിക്കുക മണ്ണല്ലാതെ അവിടെ സ്വതന്ത്രമായി എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറയാൻ എന്താണ് മണ്ണല്ലാതെ മണ്ണിനില്ലാതിരുന്ന ഒന്നവിടെ കാണുന്നുണ്ടോ എന്താണ് ഒരാകൃതി വിശേഷം എന്ന് പറയും സംസ്കൃതിവാദി അതിന്റെ പ്രത്യേകം അതിന്റെ കഴുത്ത് അതിന്റെ വയറ് എല്ലാം അത് കാലത്തിൽ കാണുന്നു അതോ അത് പരിശോധിച്ച് നോക്കുക ഈ കാണുന്ന ആകൃതി നിങ്ങൾക്ക് മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ അതാണ് പക്ഷികാരന്റെ യുക്തി പല ഭാഗങ്ങളിൽ മണ്ണിൽ കാണുന്ന ആകൃതിയെ നിങ്ങൾക്ക് മണ്ണിൽ നിന്ന് വേർതിരിക്കാമോ ഏതെങ്കിലും ഒരു വിദഗനായ സമർത്ഥനായ കുലാലൻ എന്ന് പറഞ്ഞാൽ മണ്ണുണ്ടാക്കുന്നയാള് അയാളുടെ സാമർഥ്യം കൊണ്ടയാൾ ആ മണ്ണിൽ നിന്ന് ആ കലത്തെ മെനഞ്ഞെടുത്ത് എത്ര സമർത്ഥനായാലും ശരി അയാൾ അവിടെ മെനഞ്ഞെടുത്ത് എന്ന് നമ്മൾ കരുതുന്ന ആകൃതിയെ അയാൾക്കും മണ്ണിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുമോരിക്കാൻ സാധ്യത എത്ര സമർത്ഥനായ ശില്പിക്കും അതിന് വേർതിരിക്കാൻ പറ്റത്തില്ല പല ആകൃതിയിലുള്ള കലങ്ങൾ ഉണ്ടാക്കാൻ കഴിയാം പക്ഷെ മണ്ണിൽ നിന്ന് അയാൾ സൃഷ്ടിച്ച ഒരു ആകൃതിയേയും വേർതിരിക്കാൻ കഴിയത്തില്ല മണ്ണിൽ നിന്നതിനെ വേർതിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്താണ് അത് മണ്ണ് തന്നെയാണ് അതുകൊണ്ടാണ് അതിനെ വേർതിരിക്കാൻ കഴിയാത്തത് അപ്പൊ മണ്ണിൽ നിന്ന് നമുക്ക് ആകൃതിയെ നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല എത്ര ശ്രമിച്ചാലും അത് മണ്ണായി തന്നെ ഇരിക്കുന്നു എത്ര ചിന്തിച്ചാലും മണ്ണിനപ്പുറം ഒന്നിനെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാലും നമ്മൾ അതിനൊരു പുതിയ പേരിട്ട് വിളിക്കുന്നു കലം ആ പേരിന് ആധാരമായിട്ട് അവിടെ എന്താ ഉള്ളത് ആ വിഷയമായിട്ടുള്ള വസ്തു മണ്ണ് മാത്രമേ ഉള്ളൂ പരിശോധിച്ചാൽ അവിടെ രണ്ടാമതൊരു വസ്തു കിട്ടൂ എല്ലാ വികാരങ്ങളും അതിന്റെ കാരണം തന്നെ കാരണത്തിൽ നിന്ന് വേറിട്ടില്ല അതിന്റെ ഉപാദാനം തന്നെ ഏതിൽ നിന്നാണോ വേറൊക്കാര്യത്തിന് വേർപിരിയാൻ വയ്യാതെ കാര്യം ഉണ്ടാകുന്ന അതിനുപാദാനം എന്ന് പറയുന്നു ഒരു കാരണത്തിൽ നിന്ന് അക്കാര്യത്തിന് വേർപിരിയാൻ വയ്യാതെ ആ കാര്യമുണ്ടായാൽ ആ കാരണത്തിന് ഉപാദാനം എന്ന് പറയും ഫലത്തിന് ഉപാദാനമായിരിക്കുന്നത് മണ്ണാണ് ആഭരണങ്ങൾക്ക് ഉപാദാനമായിരിക്കുന്നത് സ്വർണമാണ് അവയ്ക്കൊന്നും തന്നെ കാരണത്തിൽ നിന്ന് വേറി ഇരിക്കാൻ കാരണം തന്നെ അപ്പോ കലമെന്ന് പറയുന്നതോ ആ കലമെന്ന് പറയുന്നതിലെന്താ വസ്തുസത്തയുള്ളത് മണ്ണല്ലാതെ വേറെ ഒന്നുമില്ല അത് എന്താണ് കേവല ശബ്ദം മാത്രം കലമെന്ന് പറയുന്നത് ഒരു ശബ്ദമല്ലാതെ മണ്ണിൽ നിന്ന് വേർത്തൊന്നുമല്ല ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ശബ്ദം അർത്ഥവും ഈ രണ്ടിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അഭിദാനം ബ്യതിരേഖനാസ്തി ഓരോ അർത്ഥവും ശബ്ദത്തിൽ നിന്ന് വേറിട്ടില്ല എന്നാണ് കലം എന്ന് പറയുന്ന ഒരു വസ്തു ആ ശബ്ദത്തിൽ നിന്ന് വേറിട്ടില്ല സ്വതന്ത്രമായിട്ടില്ല ഉണ്ടെങ്കിൽ അതെന്താണ് അതിന്റെ കാരണമായ ഉപാധാനമായിരിക്കുന്ന മണ്ണ് മാത്രമാണ് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യുക്തി ഇവിടെ പറഞ്ഞത് അല്ലാതെ ഡിഫന്റെ മുമ്പിൽ രണ്ട് വസ്തുക്കൾ ഇരിക്കുന്നു ആ രണ്ട് പദാർത്ഥങ്ങൾ ഒന്നാകുന്നതുപോലെ ശബ്ദത്തിനോടുകൂടി ഓരോ അതാത് വസ്തുക്കൾ അഭേദമാകുന്നു എന്നല്ല പറയുന്നു അങ്ങനെ പറഞ്ഞാൽ ദോഷമേ പുസ്തകമെന്നു പറയുന്ന ശബ്ദം ആ ശബ്ദമാണ് പുസ്തകമെന്ന് പറയുന്ന വസ്തു എന്നല്ല പറയുന്നത് അഭിദാനം വ്യതിരേഖണനാസ്തി എന്ന പറയുന്നു അഭിധേയം അഭിദാനത്തിൽ നിന്നും വേറിട്ട് നിലനിൽക്കുന്നില്ല സ്വതന്ത്രമായ നിലനിൽപ്പില്ല സ്ഥലം എന്ന് പറയുന്ന ആ ശബ്ദം അതിൽ നിന്ന് വേറിട്ട് പറയുന്ന ഒരു വസ്തുവിന് നിലനിൽപ്പില്ല അവിടെ ഒരു വസ്തുവുണ്ട് അതെന്താണ് അത് അതിന്റെ ഉപാധാനമാണ് അങ്ങനെ കാര്യകാരണ ഉപാദാനവും കാര്യവും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മണ്ണ് പ്രസ്തൂലമായിരിക്കുന്ന ആ മണ്ണ് അത് അതിന്റെ സൂക്ഷ്മമായ കാരണത്തിൽ അങ്ങനെ അങ്ങനെ കാര്യകാരണര് ചിന്തിച്ചാൽ പിന്നിലേക്ക് പിന്നിലേക്ക് പോകും അതാണ് ശബ്ദത്തിൽ നിന്ന് അർത്ഥം വേറല്ല എന്ന് പറയുന്നതിന്റെ താൽപ്പര്യം എല്ലാം മറിച്ച് ധരിക്കരുത് മറിച്ച് ധരിച്ചാൽ ദോഷം എങ്ങനെ അഗ്നി എന്ന് പറയുന്ന ശബ്ദം ആ അഗ്നിയിൽ നിന്ന് വേറിട്ട് അഗ്നി എന്ന് പറയുന്നൊരു വസ്തുവില്ല എന്നല്ല എന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദോഷം വരും അഗ്നി എന്ന് പറയുന്ന ആ ശബ്ദം തന്നെയാണ് അഗ്നി എന്ന് പറയുന്ന വസ്തു എന്നു വരും അങ്ങനെയല്ല ശബ്ദത്തിൽ നിന്ന് വേറിട്ട് അർത്ഥം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല അങ്ങനെ പറഞ്ഞാൽ വലിയൊരു യുക്തിഭംഗമായി ശബ്ദത്തിൽ നിന്ന് വേറിട്ട് അർത്ഥമില്ല എന്ന് ഒരൊഴുക്കം മട്ടിൽ നമ്മൾ മനസ്സിലാക്കിയാൽ അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും ശബ്ദം തന്നെ അർത്ഥം ഒന്നു വരും അങ്ങനെ വന്നാലോ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ വായു പൊള്ളി പോകും ശബ്ദം തന്നെ അർത്ഥം ശബ്ദത്തിൽ നിന്ന് വേറിട്ട് അഗ്നിയില്ല അപ്പോൾ ശബ്ദം തന്നെ അർത്ഥമായി വരും പിന്നെ ശബ്ദം മതി അർത്ഥത്തിന്റെ ആവശ്യമില്ല അഗ്നി എന്ന് ഉച്ചരിച്ചാൽ ഉടൻ തന്നെ അവിടെ അത് അഗ്നി എന്ന് പറയുന്നത് ശബ്ദമെന്ന അർത്ഥമാണ് രണ്ടും ഒന്നാണ് അപ്പോൾ അഗ്നി എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഉച്ചരിക്കുന്ന നാക്കും എന്തു അങ്ങനെ സംഭവിക്കുന്നുണ്ട് ശബ്ദത്തിൽ നിന്ന് വേറിട്ട അർത്ഥമില്ല എന്ന് പറയുന്നതിന്റെ താൽപര്യം അതാണ് ഒരു കാര്യവും അതിന്റെ കാരണത്തിൽ നിന്ന് വ്യതിരിക്തമായി സ്വതന്ത്രമായി അതിനു ഇല്ല സത്വമില്ല അതുകൊണ്ട് ആ കാര്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളിൽ നിന്നും വേറിട്ട് വ്യതിരേഖരുകാര്യവും നിലനിൽക്കുന്നില്ല ഇത് അദ്വൈതത്തിൽ പ്രധാനമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ അഭിദാനം വ്യതിരേഖനാസ്തി ശബ്ദത്തിൽ നിന്ന് വേറിട്ടർത്ഥമില്ല എന്നുള്ള എന്റെ വാക്യാർത്ഥത്തെ മനസ്സിലാക്കി വെക്കരുത് അപ്പൊ അങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിന്റെ കാരണത്തിൽ നിന്ന് വേറിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് അനുഭവപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളാണ് പ്രപഞ്ചം മുഴുവൻ ഒരു കാര്യമാണ് ഈ പ്രപഞ്ചാത്മകമായിരിക്കുന്ന ഈ കാര്യം ീ പ്രപഞ്ചത്തെ ബോധിപ്പിക്കുന്ന ഈ ശബ്ദത്തിൽ നിന്ന് വേറിട്ട് നിലനിൽക്കുന്നില്ല ഒരർത്ഥവും ഒരു വസ്തുവും ശബ്ദത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല നമ്മൾ ഒരു ദൃഷ്ടാന്തത്തെ എടുത്ത് ചിന്തിച്ചിട്ട് അതേ യുക്തി തന്നെ മറ്റു സ്ഥലത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു സാമാന്യമായ സിദ്ധാന്തം അതിൽ നിന്ന് ഇവിടെ അദ്വൈതി പറയുന്ന സിദ്ധാന്തം എന്താണ് ഒരു വസ്തു പ്രപഞ്ചത്തിൽ ശബ്ദത്തിൽ നിന്ന് വേറിട്ടും നിലനിൽക്കുന്നുണ്ട് ആ ശബ്ദം മാത്രമേ അവിടെയുള്ളൂ വസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ അത് വസ്തുനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ മറ്റു വേറെ പലതരത്തിലും ഇതേ ആശയത്തെ തന്നെ പറയുന്നുണ്ട് വസ്തുനിഷ്ഠമായി ചിന്തിച്ച് പറയുന്നതാണത് ഇനി അതിനെ ആത്മനിഷ്ഠമായി ചിന്തിച്ച് പറയുമ്പോഴോ ശബ്ദത്തിൽ നിന്നും വസ്തുവിന് സ്വതന്ത്രമായി നിലനിൽപ്പില്ല എന്നുള്ളത് ആത്മനിഷ്ഠമായി ചിന്തിച്ച് മനസ്സിലാക്കും എങ്ങനെ നമ്മളൊരു വസ്തുവിനെ മനസ്സിലാക്കുന്നത് എന്നുവെച്ചാൽ അറിയുന്നത് നിശബ്ദത്തിലൂടെയാണ് ശബ്ദത്തിലൂടെ അല്ലാതെ നമുക്കൊരു വസ്തുവിനെ അറിയാൻ പറ്റത്തില്ല ഒരുപക്ഷെ കഴിഞ്ഞേക്കും ആർക്കും അയാൾ ജന്മനാൽ തന്നെ ബധിരനായിരിക്കണം അതായത് ശബ്ദം ഒരിക്കലും കേട്ടിരിക്കണം ജന്മനാൾ ശബ്ദമൊന്നും കേട്ടിട്ടില്ല ശബ്ദം എന്തെന്നറിയില്ല അങ്ങനെയുള്ള ഒരാളിനും പ്രപഞ്ചാനുഭവം ഉണ്ട് മറ്റേന്ദ്രിയങ്ങളിലൂടെ ശ്രോണേന്ദ്രിയത്തിലൂടെ അല്ലാതെ ദർശന സ്പർശനങ്ങളിലൂടെയെല്ലാം പ്രപഞ്ചാനുഭവം ഉണ്ടാവും അവിടെ ശബ്ദത്തിന് ഒരുപക്ഷെ സ്ഥാനം കാണില്ല അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല പൂർണനായ ഒരു ബദിരന്റെ പ്രപഞ്ചാനുഭവത്തെക്കുറിച്ച് ശ്രവണേന്ദ്രിയുള്ള ഒരാൾക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല മറ്റൊരു വിഷയമാണ് പക്ഷേ ശ്രവണേന്ദ്രിയത്തിലൂടെ ശബ്ദത്തെ ഗ്രഹിച്ച് പ്രപഞ്ചാനുഭവമുള്ള ഒരാളിന് ശബ്ദത്തിലൂടെ അല്ലാതെ വസ്തുബോധം ഉണ്ടാകത്തില്ല ഇതൊരു നിയമമാണ് ഈ നിയമത്തിന്റെ അപവാദം നമുക്കൊരിടത്തും കാണിക്കാൻ പറ്റത്തില്ല ഒരു വസ്തുവിനെ എന്തെങ്കിലും ഒരു ശബ്ദം കൂടിയേ ചെയ്തു പുസ്തകം ഇങ്ങനൊരാൾ പുസ്തകമായിട്ട് അറിയുന്നില്ലെന്നിരിക്കട്ടെ പക്ഷെ അയാൾ അതിന് ഇതെന്നോ അതെന്നോ ഏതെങ്കിലും തരത്തിലൊരു ശബ്ദം അവിടെ ഉപയോഗിച്ച് ആണ് അതിനുഗ്രഹിക്കുന്നത് അപ്പൊ അർത്ഥബോധം നമ്മുടെ മനസ്സിൽ ശബ്ദാത്മകമായിട്ടാണ് നിലനിൽക്കുന്നത് ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അർത്ഥബോധം എപ്പോഴും മനസ്സിൽ ശബ്ദാത്മകമായി നിൽക്കുന്നു അതുകൊണ്ട് നമുക്ക് ശബ്ദത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ അറിവിൽ അർത്ഥത്തെ വേർതിരിക്കാൻ കഴിയത്തില്ല അതിനുശേഷി നമ്മുടെ ബുദ്ധിക്കില്ല നമ്മുടെ അറിവിനില്ല അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവിനെ ശബ്ദം കൂടാതെ ചിന്തിക്കാനോ സങ്കല്പിക്കാനോ അറിയാനോ കഴിയുന്നില്ല എന്തെങ്കിലും ഒരു ശബ്ദം വരും ശബ്ദ വസ്തുക്കളെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു ശബ്ദത്തിലൂടെ അറിയുന്നു അതന്നെ ബ്രഹ്മം ആത്മാവ് പരമാത്മാവ് ഈശ്വരൻ അവിടെ ആ ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന വസ്തു ശബ്ദാതീതം എന്നാണ് പറയുന്നത് എന്നാണ് ശ്രുതി പറയുന്നത് ശാസ്ത്രം പറയുന്നതാണ് അതൊന്ന് ശബ്ദത്തിന്റെ വിഷയമല്ല പക്ഷെ നമ്മളതിനെ ബോധിക്കാൻ ശ്രമിക്കുന്ന എങ്ങനെ ശബ്ദത്തിലൂടെ നമ്മുടെ ബുദ്ധിക്ക് അത് വിഷയമാകണമെങ്കിൽ ശബ്ദം വേണം ശബ്ദം ആ വസ്തുവിനെ ശബ്ദം പരിമിതപ്പെടുത്തി ബുദ്ധിക്ക് ബോധ്യമാക്കുന്നു ആ നിലയ്ക്കുമെന്താണോ ശബ്ദത്തിൽ നിന്നും അഭിദാനം വ്യതിരകീണ വസ്തുനാസി ഇവിടെ പറഞ്ഞിരുന്നു ശബ്ദത്തിൽ നിന്നും വേറിട്ട് വസ്തു നിലനിൽക്കുന്നില്ല ശബ്ദത്തിലൂടെ വസ്തു നിലനിൽക്കുന്നു അതുകൊണ്ട് നമ്മുടെ ചിന്ത നമ്മുടെ അനുഭവം നമ്മുടെ സങ്കല്പങ്ങൾ എല്ലാ ശബ്ദാത്മകമാണ് എവിടെ നമുക്ക് ശബ്ദത്തിൽ നിന്ന് കേറിട്ട് അർത്ഥത്തെടുത്ത് കാണിക്കാൻ പറ്റില്ല നമ്മുടെ ശബ്ദം വാച്യൂപത്തിൽ പുറമേ വന്നാൽ ശബ്ദം മനോമയമായ രൂപത്തിൽ സംഘരൂപത്തിന് നമ്മുടെ ഉള്ളിൽ നിന്നാൽ അവിടെ ആ ശബ്ദത്തിനോട് ചേർന്ന് അർത്ഥം നിൽക്കും അർത്ഥത്തിന് ശബ്ദത്തെ പിരിഞ്ഞു നിൽക്കാൻ അതുകൊണ്ടുവന്നാണ് ശബ്ദത്തിൽ നിന്ന് വേറിട്ട് അർത്ഥത്തിൽ നിലനിൽക്കില്ല ഈ പല രീതിയിലത് പറയാം വേറെ രീതിയിലും പറയാം ഇങ്ങനെ ശ്രുതിയിൽ സൃഷ്ടിയെ കുറിച്ച് പറയും സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പല ഭാഗത്തും പറയുന്നു എന്താണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് അതിന് ശബ്ദാത്മകമായൊരു തുടർച്ചയുണ്ടായിരുന്നു അതിന്റെ തുടർച്ച ഒരു ശബ്ദരൂപത്തിലായിരുന്നു നമ്മൾ അത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് എന്നൊന്നും നമുക്ക് ശാസ്ത്രീയമായൊന്നും വിശദീകരിക്കുന്നതിന് നമ്മുടെ ശാസ്ത്രം വളർന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ശ്രുതി അത് ഇതിന്റെ തുടക്ക ശബ്ദാത്മകമായിരുന്നു ആ ശബ്ദാത്മകമായ തുടക്കത്തെ നമുക്ക് പറയാമെന്നുള്ളതിന്റെ അല്ലെങ്കിൽ ചിന്തിക്കാവുന്നതിന്റെ പരമാവധിയാണ് ഓം ഓം എന്നുള്ള ആ ഒരു ശബ്ദത്തിൽ നിന്ന് സൃഷ്ടി ആരംഭിച്ചതെന്ന് പറയുന്നു അദ്വൈതത്തിൽ അത്രയേ പറയുന്നുള്ളു ശബ്ദശാസ്ത്രങ്ങളിലും മറ്റും അതിനെ പല രീതിയിൽ പറയുന്നുണ്ട് ശുദ്ധമായ ശബ്ദശാസ്ത്രജ്ഞർ അതിന് സ്ഫോടം എന്ന് പറയുന്നു സ്ഫോടം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് സ്പിരിച്ചതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭർത്തനഹരിയും മറ്റും അങ്ങനെ പറയുന്നു ഒരു ശബ്ദശാസ്ത്രജ്ഞന്മാരാണ് തന്ത്രശാസ്ത്രജ്ഞർ മറ്റും അതിന് പറയുന്നത് പര പശ്യന്തി മധ്യമ നാദം ബിന്ദു കല ഇങ്ങനെയല്ല അവർ വിശദീകരിക്കുന്നു അപ്പോൾ ശബ്ദാനുസന്ധാനം തുടങ്ങിയ യോഗമാർഗത്തിലൂടെ സമാധി മറ്റും പരിശീലിക്കുന്നവർക്ക് ശബ്ദത്തിന്റെ സൂക്ഷ്മമായ തലങ്ങൾ നാദം ബിന്ദു കല തുടങ്ങിയ സൂക്ഷ്മമായ തലങ്ങൾ അനുഭവവേദ്യമാകുന്നു യോഗികൾ അങ്ങനെ അവർ പ്രപഞ്ച ഉത്പത്തിയെ സാക്ഷാത്കരിക്കുന്നു എന്നും മറ്റും പറയുന്നു അതും അദ്വൈതത്തിലുള്ളതല്ല അദ്വൈതീയ ഭാഗത്തിലേക്കൊന്നും പോകുന്നു അദ്വൈതയെ കേവല ശ്രുതി പ്രമാണത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട് എന്താണ് പ്രപഞ്ച കാരണം എന്നുള്ള നിലയ്ക്കും ശബ്ദത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് പറയും അങ്ങനെ ചിന്തിച്ചാലും അപ്പൊ കാരണാത്മന ചിന്തിച്ചാലും കാരണത്തിൽ നിന്നും കാര്യം പൃഥക്കല്ല വേറിട്ടല്ല അന്യമല്ല അത് അദ്വൈതയുടെ ഒരു മുഖ്യമായ നിലപാടാണ് കാരണത്തിൽ നിന്നും കാര്യത്തിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല അതുകൊണ്ട് ശബ്ദമാണ് ജഗത് കാരണമെങ്കിൽ ആ ശബ്ദത്തിൽ നിന്ന് കാര്യരൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തിനും നിലനിൽപ്പില്ല അതുകൊണ്ട് സർവത്തിനും കാരണമായിരിക്കുന്നത് ശബ്ദം തന്നെ അത് മനുഷ്യന് ഗ്രഹിക്കാവുന്നതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ് ഓം അതുകൊണ്ട് ഓമിൽ നിന്ന് അതിരിക്തമായി അങ്ങനെ ഭാഗ്യമായി വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ ആത്മനിഷ്ഠമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കാരണാത്മന ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ശബ്ദത്തിൽ നിന്നും വേറിട്ടു പല രീതിയിലും ഇതിനെ ചിന്തിക്കാം ബാക്കി നിങ്ങൾ ചിന്തിക്കുക ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല അഭിദാനം വെതിരേ നാസ്തി അഭിദാനത്തിൽ നിന്ന് ശബ്ദത്തിൽ നിന്ന് വെതിരിട്ട് വേറിതിരിഞ്ഞ് അർത്ഥത്തിന് നിലനിൽപ്പില്ല അതിലൂടെ ശ്രുതിയെ പ്രമാണമായി പറഞ്ഞു വാചാരംഭം സർവവും കോർക്കപ്പെട്ടിരിക്കുന്നു അതിലൂടെ ശ്രുതിയിൽ ഉദാഹരണം പറയുന്നെന്താണ് ഒരു പശുക്കുട്ടിയെ അതിന്റെ മൂക്ക് കയറുകൊണ്ട് ഒരു കുറ്റിയിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതാ കുറ്റിക്ക് ചുറ്റും കിടന്ന് കറങ്ങ് അപ്പതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും ആ കുറ്റി അതിനെ ബന്ധിച്ചിരിക്കുന്ന കയറ് പിന്നെ അതിന്റെ തലയിൽ ബന്ധിച്ചിരിക്കുന്ന അതിന്റെ മൂക്ക് കയറ് ഇത്രയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നു സ്വാതന്ത്ര്യം അതിനെ ആശ്രയിച്ചുകൊണ്ട് അതിനാ ചുറ്റിക്ക് ആ കുറ്റിക്ക് ചുറ്റും കിടന്ന് വട്ടത്തി കറങ്ങും അതിന് സ്വാതന്ത്ര്യം ഉണ്ട് എന്നാ സ്വാതന്ത്ര്യം പരിമിതമാണ് അതുപോലെ പശ്ചാത്തതി അസ്യ ബ്രഹ്മണ ഇതം തത് ഈ നേരത്തെ പറഞ്ഞുള്ള ഈ ഈ പ്രപഞ്ചം അത് ഈ ബ്രഹ്മമാകുന്ന കുറ്റിയിൽ ഇതിനെ കെട്ടിയിരിക്കുകയാണ് ഇതൊരു പോലെയാണ് ഈ പ്രപഞ്ചം ഈ ബ്രഹ്മത്തെയും ഈ പ്രപഞ്ചത്തെയും ബന്ധിപ്പിക്കുന്ന എന്താണ് വാചാ തന്തി വാക്കെന്ന് പറയുന്ന ഒരു ചരട് ആ ചരട് നാമഭേർ ദാമഭേർ വാക്കെന്ന് പറയുന്ന ആ തന്തി നാമങ്ങളാകുന്ന മൂക്കുകയറുകൾ നേരത്തെ പറഞ്ഞല്ലോ പുസ്തകമൊന്നും കലമൊന്നും പുടമൊന്നും എല്ലാം പറയുന്ന ഈ നാമങ്ങൾ ഈ നാമങ്ങളാകുന്ന മൂക്കുകയലുകൾ കൊണ്ട് ഈ പ്രപഞ്ചഘടകങ്ങളാകുന്ന പശുക്കുട്ടികളെ ബന്ധിച്ചിരിക്കുകയാണ് ഒന്ന് ശബ്ദം ആ ശബ്ദത്തിന്റെ നാനാഭാവങ്ങളാണ് എന്റെ നാമങ്ങൾ അത് ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന സർവ്വകാരണമായിരിക്കുന്ന പരബ്രഹ്മത്തെയും വികല്പരൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തെയും എന്ന് ശ്രുതി പറയും ആ നാമത്തിന്റെ സ്ഥാനം അത്രയും വലുതാണ് അതുകൊണ്ടാണ് സൃഷ്ടിയിൽ ശബ്ദത്തിന് സ്ഥാനം കൊടുക്കുന്നത് സർവ്വകാരണമായിരിക്കുന്നു ബ്രഹ്മം അതിൽ നിന്നും നാദം ആരംഭിച്ചു ആ നാദം സൂക്ഷ്മമായ നാദം സൃഷ്ടിക്ക് തുടക്കമായി അങ്ങനെ സൃഷ്ടി സ്ഥൂലമായ സൃഷ്ടി സംഭവിച്ചു എന്നെല്ലാം ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ശ്രുതിയാണതിന് മൂലഭൂതമായിരിക്കുന്നത് മറ്റ് പല ശാസ്ത്രങ്ങൾ ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ ശ്രുതി മാത്രമാണെന്നോ അദ്വൈതം മാത്രമാണെന്നോ അല്ല മറ്റേത് ശാസ്ത്രങ്ങളെ വേണമെങ്കിലും എടുക്കാം തന്ത്രമന്ത്ര ശാസ്ത്രങ്ങളെ ഏതിന് വേണമെങ്കിലും എടുക്കാം അവിടെ എല്ലായിടത്തും ഈ ശബ്ദത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ശബ്ദബ്രഹ്മം എന്ന പ്രയോഗം തന്നെ നമ്മൾ ഗീതയിലും മറ്റും പലതവണ വന്നതാണ് ആ ശബ്ദത്തിന് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് പ്രപഞ്ചത്തിന്റെ ടകങ്ങളോടും ഈ ശബ്ദമാകുന്ന ചരട് കൊണ്ടുള്ള ഒരു ബന്ധനം ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവംഹീതം നാമാനിയും സർവ്വവും നാമമാണോ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് അന്ധകാരം നമ്മൾ സാധാരണ നമ്മൾ ധരിക്കുന്ന എന്താണോ വെളിച്ചം എന്ന് പറയുന്ന ഒന്ന് ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അന്ധരാകാതിരിക്കുന്നു അല്ലേ കുര്യരിട്ടത്ത് കണ്ണുണ്ടായാലും നമ്മൾ അന്ധരാണ് കണ്ണവിടെ പ്രയോജനം ചെയ്യുന്നില്ല വെളിച്ചമാണ് നമ്മളെ കാഴ്ചയുള്ളവരാക്കി നിലനിർത്തുന്നത് പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല അത് ഭാഗികമായൊരു ശരിയാണ് ഭർതൃഹേരി വാക്യുപതിയു പറ എന്താണ് മുഖ്യമായ ജ്യോതിഷ സൂര്യന്റെ പ്രകാശമല്ല ാഹ്യമായി ആശ്രയിക്കുന്ന ഒരു പ്രകാശം ഇതാണ് ശബ്ദാഹ്വയം ജ്യോതി ശബ്ദമെന്ന് പറയുന്ന ഈ ജ്യോതിഷ അതിന്റെ നമ്മൾ മനസ്സിലാക്കുന്നു ശബ്ദമെന്ന് പറയുന്ന ഈ ജ്യോതിഷില്ലെങ്കിൽ ഈ പ്രപഞ്ചഭാനം നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാകത്തില്ല നമ്മൾ മറ്റൊരു തരത്തിൽ നമ്മൾ പൂർണ്ണമായും അന്ധരായി പോകുന്ന കണ്ണുകൊണ്ടല്ല അന്ധരാകുന്നു ശബ്ദാത്മകമായ അന്ധത എന്ന് പറയുന്നത് ശബ്ദമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമുക്കറിയാൻ വയ്യാത്തോണ്ട് അതിന്റെ ഭീകരതയെക്കുറിച്ച് നമുക്കറിയത്തില്ല അത് കണ്ണില്ലാത്തതിനും വലിയ ഭീകരമായ ഒരു അവസ്ഥയാണ് ശബ്ദമില്ലാതെ കാരണം ചിന്ത പോലും അസാധ്യമായിത്തീരും കാരണം ശബ്ദാത്മകമായാണ് നമ്മൾ ചിന്തിക്കുന്നത് അശബ്ദമില്ലാതെങ്ങനെ നമ്മൾ ചിന്തിക്കും ചിന്തിക്കുന്നതിന് നമുക്ക് വെളിച്ചത്തിന്റെ ആവശ്യം വെളിച്ചത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പക്ഷേ ചിന്തിക്കുന്നതിന് വെളിച്ചത്തിന്റെ ആവശ്യം ചിന്ത ഇവിടെ നടക്കുന്നു ഉള്ളിലാണ് അറിവിന്റെ തലത്തിലാണ് മനസ്സിന്റെ തരത്തിലാണ് അവിടെ വെളിച്ചം സൂര്യന്റെ പ്രകാശവും ടോർജിന്റെ പ്രകാശവും വേണം പക്ഷേ അവിടെയും മനസ്സെന്ന് പറയുന്ന കണ്ണ് പ്രവർത്തിക്കുന്നതിനും എന്ത് വേണം ശബ്ദം വേണം നമ്മള് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആ ശബ്ദം നിലച്ചുപോയാൽ ശബ്ദമെന്ന് പറയുന്ന ഒരു ഇവിടെ ഇല്ലെങ്കിൽ അത് ബാഹ്യമായ ഈ സൂര്യജ്യോതില്ലാത്തതിനും വലിയ അന്ധതയാണ് ഗുരുവിനുണ്ടാക്കുന്നത് അവന്റെ പ്രപഞ്ചബോധം എങ്ങനെയായിരിക്കും നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല ശബ്ദമുള്ളത് കൊണ്ട് ശബ്ദം കൊണ്ട് നമ്മൾ സങ്കല്പിക്കുന്നതുകൊണ്ട് ശബ്ദമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനും സാധ്യത പിന്നെ എന്തായിരിക്കും അവിടെ അതൊരു കൂരിരളായിരിക്കും എന്നാണ് പറയുന്നത് ശബ്ദശാസ്ത്രത്തിന്റെ ആചാര്യനായ ഭർതൃഹരി പറയുന്ന അപ്പതും നമ്മുടെ മനസ്സിലിരിക്കുന്ന ശബ്ദത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് പറയുന്നത് സർവംഹീതം നാമാനി ശ്രുതിയും പറയും സർവവും നാമമാണ് നാമമില്ലെങ്കിൽ അന്ധതയാണോ ഇത്യാദി ശ്രുതിഭ്യ ശബ്ദത്തിന്റെ പ്രാധാന്യത്തെ ശബ്ദം ഈ ജീവനെ എങ്ങനെ ഈ പ്രപഞ്ചത്തോട് ബന്ധിപ്പിക്കുന്നു എന്നുള്ള പ്രാധാന്യത്തെ മനസ്സിലാക്കി വേണം അടുത്ത ഉപനിഷത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാൻ എന്നാണ് പറയുന്നത് അതാഹ അതുകൊണ്ട് ഇവിടെ ഓം എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ ആത്മതത്വത്തെ എങ്ങനെ നിർണ്ണയിക്കുന്നു അത് ഇവിടെ പറയുന്നു ഓം ഇത്യേത് ദക്ഷിണമിതം സർവം ശരിക്കും ഇവിടെ മുതലാണ് മന്ത്ര വ്യാഖ്യാനം ഭാഷ്യകാരം തുടങ്ങുന്നത് മുമ്പ് ഇതുപോലെ പറഞ്ഞതെല്ലാം ശബ്ദത്തിന്റെ ഓങ്കാരത്തിന്റെ ഈ കാണുന്ന സമ്പൂർണ്ണ വസ്തുക്കളും പ്രപഞ്ചമെന്ന് തന്നെ എടുക്കുക സർവപ്രപഞ്ചവും അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് അഭിധേയം പദാർത്ഥം വിധേയം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്താണ് ശബ്ദം കൊണ്ട് പറയപ്പെടുന്നത് വാക്കുകൊണ്ട് വചിക്കപ്പെടുന്നത് ശബ്ദത്തിന് വിഷയമായിരിക്കുന്നത് അതാണ് ഏതിലും അഭിധേയം പ്രപഞ്ചമല്ല എന്തെല്ലാം നമുക്ക് ശബ്ദം കൊണ്ട് പറയാമോ അതെല്ലാം സസ്യ അവിധാന അമ്പ്യതിരേഖ അതൊന്നും അതാതിന്റെ ശബ്ദങ്ങളിൽ നിന്നും വേറിട്ടല്ല അതാണ് ഇതുവരെ ഞാൻ വിശദീകരിച്ചത് ശബ്ദത്തിൽ നിന്നും വേറിട്ടല്ലെന്ന് പറയുമ്പോൾ അങ്ങനെ ധരിക്കാവും മറിച്ച് തെറ്റായി ധരിക്കരുത് വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും അഗ്നി എന്ന് പറയുന്നത് ശബ്ദത്തിൽ നിന്നും വേറിട്ട് അഗ്നി എന്ന് പറയുന്ന ഒരു വസ്തുവില്ല അങ്ങനെ തോന്നിപ്പോകും അങ്ങനെയല്ല പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ അത് യുക്തിക്കും അനുഭവത്തിനും നിരക്കാത്ത കാര്യമാണ് അങ്ങനെ ആണ് പരമാർത്ഥമെങ്കിൽ പറഞ്ഞല്ലോ അഗ്നി എന്ന് വിചാരിച്ചാൽ ഉടൻ നാക്ക് വെണ്ടുപോകും പിന്നെ അഗ്നി എന്ന് പറയുന്ന വസ്തുവിന്റെ ആവശ്യമില്ലാതെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നേരിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അഭിധാനത്തിൽ നിന്നും വേറിട്ട് അവിധേയം നിലനിൽക്കുന്നില്ല കലം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി മണ്ണിൽ നിന്ന് അതിരിക്തമായി കലവെന്ന് പറയുന്ന ഒരു വസ്തു നിലനിൽക്കുന്നില്ല അങ്ങനെ സർവ്വകാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കഴിഞ്ഞാൽ കാരണത്തിൽ നിന്നും അതിരിക്തമായി കാര്യം എന്നുള്ള നമ്മുടെ സങ്കല്പം കേവലം ആ കാര്യത്തിനെ ശബ്ദവും ആ കാര്യത്തിന്റെ ആകൃതിയുമാണ് അതിനാണ് നാമരൂപം നാമരൂപം ഇതം സർവം ഇനി മുൻപോട്ടേ നമ്മൾ പറയും കാര്യങ്ങളിൽ മുഴുവൻ ഇതാണ് ആവർത്തിച്ച് നിങ്ങളെ കാണുന്നത് നിങ്ങളെ അനുഭവിക്കുന്നത് കേവലം നാമവും രൂപവും മാത്രമാണ് അത് ഇവിടെ പറയുന്നത് ഒന്ന് ശ്രുതിയെ അവലംബിച്ച് രണ്ടാമത് യുക്തിയെ അവലംബിച്ച് ഇതുപോലുള്ള യുക്തികൾ ആത്യന്തികമായി ആത്മനിഷ്ഠന്മാരുടെ അനുഭവത്തെ അവലംബിച്ച് ഈ മൂന്ന് കാര്യങ്ങളെ അവലംബിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ഓങ്കാരിതരേഖ അവിധാനമോ ശബ്ദങ്ങളോ ഒന്നും ഓങ്കാരത്തിൽ നിന്നും വേറിട്ടല്ല എല്ലാ ശബ്ദങ്ങളും ഓങ്കാരത്തിൽ നിന്ന് അന്യമല്ല എന്ന് പറയുന്നതിന് മുഖ്യമായും ആശ്രയിച്ചിരിക്കുന്നത് ശ്രുതിയാണ് അത് ശ്രുതി ശ്രുതി എന്ന് പറയുമ്പോൾ എന്താണ് ശിഷ്യമാരുടെ അനുഭവം വിഷുമാരുടെ അനുഭവത്തിൽ അവർ ഏകാന്തമായി മനനം ചെയ്തപ്പോ തപസ് ചെയ്തപ്പോൾ അവർക്ക് പ്രപഞ്ചം രഹസ്യം വെളിപ്പെട്ടത് അവരുടെ അന്തരാത്മാവിന് വെളിപ്പെട്ടത് ഓങ്കാര രൂപത്തിലാണ് അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നു കാരണം ഇന്നത്തെ ഭൗതികശാസ്ത്രവുമായി തടിച്ചു നോക്കിയിട്ട് അതുമായിട്ട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ല യോജിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് യോജിക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണ് എന്ന തരത്തിൽ ചിന്തിക്കുന്നതിന് കുഴമ്പൊന്നുമില്ല അതുമായിട്ട് യോജിക്കാം യോജിക്കാതിരിക്കാം ഇതിന്റെ ശാസ്ത്രമെന്ന് പറയുന്നത് ആത്മീയ ശാസ്ത്രമാണ് ഇത് വെളിപ്പെട്ടത് ആന്തരികമായ അന്വേഷണത്തിലാണ് അത് വെളിപ്പെട്ടത് ഋഷിമാരുടെ ഉള്ളിലാണ് അതുകൊണ്ട് അവർ പറഞ്ഞു എന്താണ് ഇതെല്ലാം ഓങ്കാരത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു ഓങ്കാരത്തിൽ നിന്ന് ശബ്ദം സ്ഫുടിച്ച് നാനാശബ്ദങ്ങളായി മാറി ഇത് നമുക്കൊരു പരീക്ഷണശാലയിലിരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നാളെ ഏതെങ്കിലും കാര്യത്തിൽ ഒരുപക്ഷെ കണ്ടുപിടിച്ചതൊക്കെ അറിയത്തില്ല പക്ഷേ അങ്ങനെ അല്ല ഇത് കൊളിപ്പെട്ടത് അതുകൊണ്ടാണ് ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത് ഓങ്കാര അംബേതരേഖാ ഓങ്കാരേ വൈദസർവം ഓങ്കാരത്തിൽ നിന്നാണിത് സർവശ്ദം ഉണ്ടായിരിക്കുന്നത് അതിന് യുക്തി പറയുന്നത് എന്താണ് ബ്രഹ്മം പരമാത്മാവ് ഈശ്വരൻ എന്നെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പരമാത്മാവാചകങ്ങളാണ് പരമാത്മാവിനെ കുറിക്കുന്ന ശബ്ദങ്ങൾ അതുപോലെ ഒരു ശബ്ദമാണ് ഓം ആ പരമാത്മാവിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മ കുറിക്കുന്ന നിന്നും അന്യമായി ഒന്നുമില്ല അതാണ് എന്റെ യുക്തി കാരണത്തിൽ നിന്നും അതിരക്തമായി കാര്യം നിലനിൽക്കുന്നില്ലെങ്കിൽ കാരണമായിരിക്കുന്ന പരബ്രഹ്മത്തിൽ നിന്ന് അതിരിക്തമായി ഒന്നുമില്ല വേറിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ആ പരമാത്മാവിനെ ബോധിക്കുന്ന ശബ്ദത്തിൽ നിന്ന് വേറിട്ടൊരു ശബ്ദവുമില്ല യുക്തിയിലൂടെ മനസ്സിലാക്കാം എല്ലാ ശബ്ദങ്ങളും അതിൽ അടങ്ങുന്നു എല്ലാ ശബ്ദങ്ങളും അതിനൊന്നും പുറപ്പെടുന്നു അതങ്ങനെ മനസ്സിലാക്കാം അങ്ങനെ മനസ്സിലാക്കുന്നത് പോരായ മാർഗങ്ങനും തോന്നുകയാണെങ്കിൽ അതിനെ ധ്യാനിച്ചു സാക്ഷാത്കരിച്ച് മനസ്സിലാക്കാം അതെല്ലാം വേറെ പോകുമ്പഴേ ഈ കാര്യത്തിൽ ഇല്ല ഇത് രണ്ടേയുള്ളൂ അത് യുക്തി കൊണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് പറയുന്ന ഓങ്കാരേ വൈദം സർവം പരമാത്മാ ഏ സർവം എന്ന് പറയാം കാണുന്ന സർവവും ആ തന്നെ മനസ്സും പറയാം എന്താണ് ഓങ്കാരേ സർവം ആ പരമാത്മവാചകമായ ഓങ്കാരം തന്നെയാണ് ഇതെല്ലാം പരം ചിധാന അഭിഥേയ ഉപായപൂർവകമേവ ഗംഭ്യത പരബ്രഹ്മത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ അറിയുന്നു നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച ഈശ്വരനെന്നും ദൈവമെന്നും ബ്രഹ്മമെന്നും എല്ലാം പറയും ഒരേ വസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ പറയുന്നു നമ്മൾ ശ്രവണം ചെയ്യുന്നു മനനം ചെയ്യുന്നു നിതിധ്യാസനം ചെയ്യുന്നു എന്നൊക്കെ പറയാം ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം നമ്മുടെ മനസ്സിന്റെ തലത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ശബ്ദാത്മകമായിട്ടാണ് ശബ്ദാത്മകമായിട്ടെന്ന് പറഞ്ഞാൽ ശബ്ദവും അർത്ഥവും എന്നുള്ളത് നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമായി ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈശ്വരനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമായ എന്തോ ഒരു വശം എന്നുവെച്ചാൽ ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തെക്കുറിച്ച് ആ ശബ്ദം ബോധിപ്പിക്കുന്ന എന്തോ ഒന്നും ഉണ്ട് എന്ന് ധരിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മുടെ എല്ലാ ചിന്തകളും ചർച്ചകളും അഭിദാന അഭിജേയപൂർവകമാണ് ഈശോനെ കുറിച്ചായ ആ ശബ്ദം അതിനെ നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നില്ല ഇന്നതാണ് െന്ന് പറയുന്ന ശബ്ദം ഈശ്വരൻ എന്ന് പറയുന്നവര് വസ്തുവിനെ വെളിപ്പെടുത്തുന്നില്ല പുസ്തകമെന്ന് പറഞ്ഞാൽ ആ ശബ്ദം പുസ്തകത്തെ നമുക്ക് വ്യക്തമായും വെളിപ്പെടുത്തി തരുന്നു അങ്ങനെ വെളിപ്പെടുത്തി തരുന്നില്ല എന്ന് പറയുന്ന എന്താണത് ആ ശബ്ദത്തിന്റെ പരിമിതി ആ ആ ശബ്ദത്തെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്നില്ല പുസ്തകം എന്ന് പറയുന്ന അർത്ഥവുമായി പുസ്തകത്തിന്റെ ശബ്ദത്തിന്റെ ബന്ധം നമുക്ക് പ്രത്യക്ഷമാണ് അതുപോലെ ഈശ്വരൻ എന്ന് പറയുന്ന വസ്തുവുമായിട്ട് ഈശ്വരൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പ്രത്യക്ഷ ബന്ധം നമുക്ക് പ്രത്യക്ഷമല്ല അതുകൊണ്ട് ആ ശബ്ദത്തിന് ആ വസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല കഴിയുന്നില്ലെങ്കിലും അതൊരു പാഴ്വേലയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കതിനെ ആശ്രയിക്കുക അല്ലാതെ വേറെ ഒരു ഉപായം ഏത് മഹാത്മാവ് പറഞ്ഞാലും ഏത് പാമരൻ പറഞ്ഞാലും ഈ പാഴ്വേലയെ എല്ലാവരും പിന്തുടരുന്നു അല്ല വേറെ ഉപായവും ഇപ്പൊ നമ്മുടെ ചിന്ത പരമാത്മാവിനെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും എന്താണ് അഭിദാന അവിജേയപൂർവകം ശബ്ദാർത്ഥ വ്യാപാരത്തിലൂടെയാണ് ശബ്ദാർത്ഥ അഭ്യാസത്തിലൂടെയാണ് ശബ്ദവും അർത്ഥവും എന്ന് പറയുന്ന ഈ രണ്ട് തലത്തിലൂടെയാണ് നടക്കുന്ന ഒന്നാണ് അതല്ലാതെ നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയും അല്ലാതെ ഇരുന്നുകഴിഞ്ഞാൽ പരമാത്മാവിനെ കുറിച്ചുള്ള ഒരു സങ്കല്പവും നമ്മുടെ ഉള്ളിൽ സങ്കല്പം വന്നോ നമുക്കവിടെ ഒരു അർത്ഥത്തെ കല്പിക്കും നമ്മൾ അങ്ങനെ അർത്ഥത്തെ കൽപ്പിച്ച് നമ്മൾ വിശ്വസിക്കുന്നു ആ പരമാത്മാവ് അങ്ങനെ ഒന്നുണ്ട് ബ്രഹ്മം അങ്ങനെ ഒന്നുണ്ട് അത് സർവാധാരമാണ് സച്ചിദാനന്ദ്രവരൂപമാണോ ഈ കല്പനയെ പിന്തുടരുകയല്ല നിവർത്തി അതാണിവിടെ പറയുന്നത് എന്താണ് പരഞ്ചബ്രഹ്മ പരബ്രഹ്മത്തെ സംബന്ധിച്ചായാലും ശരി അവിധാന അവിധേയ ഉപായപൂർവകമേവഗമ്യതയിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഈ ശബ്ദാർത്ഥ ബന്ധത്തിലൂടെയാണ് നമ്മളതിനെ ധരിക്കുന്നത് നമ്മൾ എങ്ങനെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ള ഇതിന്റെ ശാസ്ത്രീയതയാണ് ഇവിടെ പറയുന്നത് ആധ്യാത്മികമായ ശാസ്ത്രീയത ശാസ്ത്രീയത രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഭൗതികമായ ശാസ്ത്രീയത മറ്റൊന്ന് ആധ്യാത്മികമായ ശാസ്ത്രീയത ഇവിടെ ഭൗതികമായ ശാസ്ത്രീയതയുമായി യാതൊരു കലർപ്പമില്ലാത്ത ശുദ്ധമായ ആധ്യാത്മിക ശാസ്ത്രീയതയെ കുറിച്ച് അവിടെ പറയുന്നു മറ്റുമായിട്ടൊന്നും അതിനെ ബന്ധപ്പെടുത്തി അങ്ങനെ ബന്ധപ്പെടുത്തിട്ടേ പോയി അതുകൊണ്ടെന്താണോ ഓങ്കാര ശബ്ദത്തിലൂടെ നമുക്ക് ഈശ്വര സങ്കല്പം ഉണ്ടാവുന്നുള്ളൂ എന്ന് ചുരുക്കപ്പെട്ട അതിൽ മൂല കാരണമായിരിക്കുന്ന ശബ്ദമോ ഓം ആണ് അതുകൊണ്ട് ഓംകാരം തന്നെയാണ് ആ പരബ്രഹ്മം പറഞ്ഞതിൽ നിന്നും കേട്ടതിൽ നിന്നും കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്വയം അനുഭവിച്ചറിയുക എന്നുള്ളതേ പറഞ്ഞും അറിഞ്ഞും കേട്ടും ഒക്കെ ഇത്രേ പറ്റും ഇത്രേ സാധ്യമാകും അതാണ് ഇവിടെ ഭാഷകാരൻ അക്ഷര ഓമിത്യേതം പരാപരൂപത്തിലിരിക്കുന്ന ബ്രഹ്മ ബ്രഹ്മം തന്നെ ഒന്ന് നമുക്ക് വാക്കുകൊണ്ട് വെളിപ്പെടുത്താവുന്നുള്ളത് വാക്കുകൊണ്ട് ഏതുവരെ ഇതിനെത്തിപ്പിടിക്കാൻ പറ്റും അത് അതിന് കാര്യബ്രഹ്മം അപരബ്രഹ്മം എന്നെല്ലാം പറയും വാഗ് മനസ് ഇതിനെല്ലാം അതീതമായിരിക്കും ആ രൂപത്തിലിരിക്കുന്ന പരാപരബ്രഹ്മ രൂപ അക്ഷര ഓമിത്യേതസ്യ ഉപവ്യാഖ്യാനം അക്ഷരം എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് കൊടുക്കാം ഒന്ന് ഓം അത് അക്ഷരമാണ് പരമാത്മാവ് അക്ഷരമാണ് അതിന്റെ ഉപവ്യാഖ്യാനം സ്പഷ്ടമായ വ്യാഖ്യാനം സ്പഷ്ടമായ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്പഷ്ടമാണോ എന്ന് ചോദിക്കും നമ്മുടെ ബുദ്ധി കൊണ്ട് എത്രമാത്രം ഇത് സ്പഷ്ടമാകുമോ അത്രയും അല്ലെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ട് ഒരു വ്യക്തിയുടെ ആന്തരികമായ യോഗ്യത കൊണ്ട് എത്രമാത്രം വ്യാഖ്യത് സ്പഷ്ടമാകുമോ അത്രയും എന്ന് തിരിച്ചു അല്ലെങ്കിൽ ഈശ്വരന്റെ കൃപ കൊണ്ട് അല്ലെങ്കിൽ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് ഒരാൾക്ക് എത്രമാത്രം സ്പഷ്ടമാകുമോ അത്രമാത്രം കാരണം സ്പഷ്ടമായ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും ഇത് സ്പഷ്ടമാകുന്നില്ലല്ലോ എന്ന് പറയും അതുകൊണ്ടാണ് അത്ര കൂടെ എന്ന് ശ്രുതി പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഇത് സ്പഷ്ടമായിക്കൊള്ളുമെന്നൊന്നുമില്ല പക്ഷെ ശ്രുതി പറയുന്ന എന്താണ് ഉപവ്യാഖ്യാനം സ്പഷ്ടമായ വ്യാഖ്യാനം ഒന്നാണ് അതാണ് ശ്രുതി ചെയ്യുന്നത് വ്യക്തിയിൽ ശ്രോതാവിൽ വരുന്ന സ്പഷ്ടതയ്ക്ക് മറ്റ് പല കാരണങ്ങളും കാണും മറ്റ് പലതിനെ ആശ്രയിച്ചാണ് അതിന്റെ സ്പഷ്ടത സംശയ ഭ്രമരഹിതമായി ഈ തത്വം ഉൾ പ്രകാശിക്കുന്നതാണ് ഇതിന്റെ സ്പഷ്ടത അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റു കാരണങ്ങളുണ്ടായിരുന്നു പക്ഷെ ശ്രുതിയുടെ താല്പര്യം എന്താണ് അത് സംഭവിക്കണമെന്നാണ് ശ്രോത അതുകൊണ്ടാണ് പറയുന്നത് ഓമിനെ വ്യാഖ്യാനിക്കുന്നത് ആത്മബോധം പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മപ്രതിപത്യുപായത്വാൽ ബ്രഹ്മസമീപയാസ്പഷ്ടം പ്രകഥനം വ്യാഖ്യാനം പ്രസ്തുതം വേദിത്വ്യ ശേഷം വ്യാഖ്യാനങ്ങളൊക്കെ ഇത്രയോടെയൊക്കെ ചേർത്ത് മനസ്സിലാക്കണെന്താണ് ചിലരെങ്കിലും ചിന്തിക്കും ഈ നിർവണ പ്രസംഗം കൊണ്ട് എന്താ ഉപയോഗം ആത്മബോധം ഉണ്ടായില്ല ആത്മജ്ഞാനിയായില്ല മുക്തനുമായില്ല എത്ര കാലം കൊണ്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ശരിയാണ് ഇതല്ലാതെ വേറെന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇതുതന്നെ ആയിരിക്കുമോ വ്യക്ത കിടക്കുക മോശമായിരിക്കും അവസ്ഥ ഇതുവരെ ഞാനിയാകാത്തതിന്റെ കാരണം ഇത് ചെയ്തുകൊണ്ടിരുന്നോണ്ടല്ല അതുകൊണ്ടല്ല പലരും ചെല്ലിക്കും വംശത്ത് പഠിച്ചതുകൊണ്ട് ഞാനുണ്ടാവും ആ സമയം കൂടി കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക അല്ലെങ്കിൽ ഉറങ്ങിയാൽ സ്വയം ഞാനിരുന്നെങ്കിലും മറ്റുള്ളവർ ധരിക്കുകയെങ്കിലും ചെയ്യല്ലോ ഞാനി ആയാലും ഇതുകൊണ്ട് അതും എന്താ ഇതൊരു പാഴ്മേലേ അന് സമാനമാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മപ്രതിപത്തി ഇതാണ് ബ്രഹ്മപ്രതിപത്തിക്കുള്ള ഉപായം ആത്മപ്രാപ്തിക്കുള്ള ഉപായം ഇതാണ് എന്താണ് ഉപനിഷ്രവണം അതാണ് ഉപായം മറ്റുപായങ്ങളിലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപായങ്ങൾ അതൊക്കെയുണ്ട് പക്ഷെ മുഖ്യമായ ഉപായം ഇതാണ് വേറെ ഉപായങ്ങളില്ലാന്നു പറയും ഉപനിഷത് ശ്രവണമല്ലാതെയുള്ള അനേക ഉപായങ്ങൾ പൂജയും അർച്ചനയും മണിയുടെയും ഒരുപാട് ഉപായങ്ങളുണ്ട് പക്ഷെ അതൊന്നും മുഖ്യമായ ഉപായ മുഖ്യമായ ഉപായവും വൻഷത് ശ്രവണം തന്നെയാണ് ആരുടെ അഭിപ്രായം ഉപൻഷത്തിന്റെ അഭിപ്രായം പറയുന്നു അതിനെ ഭാഷകാരണം പറയും ബ്രഹ്മപ്രതിപത്തി പായ്പ്രഹ്മപ്രതിപഥയ്ക്ക് ആത്മബോധത്തിന് ഇതെല്ലാം വേറെ ഉപായ മുഖ്യമായ ആശയങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഒരാധ്യാത്മിക സാധകനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഴിവാക്കിയിട്ട് മറ്റെന്തെങ്കിലും പണി ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രയോജനം ലഭിക്കത്തില്ല ആ ചെയ്യുന്ന പണിയുടെ പ്രയോജനം ലഭിക്കും അതെന്താന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ പ്രയോജനം ലഭിക്കത്തില്ല ഇതിന്റെ പ്രയോജനം എന്താണ് ആത്മബോധം ബ്രഹ്മപ്രതിപത്തി അതുകൊണ്ട് അതിന്റെ ഉപായമായതുകൊണ്ട് ബ്രഹ്മസമീപതയാടുത്തിരിക്കുന്നതാണെന്ത് ഓങ്കാരം എന്നിവിടെ ശ്രുതിബോധിപ്പിക്കുക നിങ്ങൾ ബ്രഹ്മത്തെ സമീപിക്കുമ്പോൾ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് സാക്ഷാത്കരിക്കുന്നത് ഓങ്കാരത്തെയാണ് അതാണ് ബ്രഹ്മത്തിന്റെ സമീപം എന്ന് ഓങ്കാരത്തെക്കുറിച്ച് പറയുന്നത് എന്നുവെച്ചാൽ ബ്രഹ്മത്തെ നേരിട്ടറിയുന്നതിന് ഉള്ള അവസാനത്തെ ഉപായം ആണ് ഓങ്കാരം മറ്റുപായങ്ങളെല്ലാം അതിന് മുമ്പുള്ളതാണ് ഓങ്കാരത്തെ ആശയം അതിന്റെ ശബ്ദാത്മകമായ ഉപാസനയാകാം അല്ലെങ്കിൽ അർത്ഥചിന്തനമാകാം ഏത് രീതിയിലായാലും ശരി ഇവിടെ പറയുന്നു ബ്രഹ്മത്തോടെ ഏറ്റവും അടുത്തയിരിക്കുന്ന ഓങ്കാരമാണ് അതുകൊണ്ട് എന്താണ് ഉപവ്യാഖ്യാനം എന്നുള്ളതിന് പറയുന്നു പ്രകഥനം നിസ്പഷ്ടം പ്രകഥനം ഉപവ്യാഖ്യാനം ഉപവ്യാഖ്യാനം ഉപ എന്ന് പറയുന്നതിന് സാറിന് സമീപം വ്യാഖ്യാനം എന്ന് പറയാൻ സ്പഷ്ടമായി പറയുക രണ്ടും കൂടെ യോജിപ്പിച്ചുകൊണ്ട് പറയും ബ്രഹ്മത്തിന്റെ േറ്റവും അന്തരമായി സ്ഥിതി ചെയ്യുന്നതായി ഓങ്കാരത്തെ സ്പഷ്ടമായി നമുക്ക് വെളിപ്പെടുത്തിത്തരുകയാണ് എനിക്കതിൽ പിന്നെ സംശയിക്കരുത് ഇത് പാഴ്മേദയാണോ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ സമയം വ്യക്തമാക്കുകയാണോ ഇതാണോ ഇതിന്റെ ഉപായം എന്നൊന്നും ചിന്തിക്കരു നമ്മളുടെ സ്പഷ്ടമായി ആ ചിന്തകളെയാണ് സംശയം എന്തെങ്കിലും ഭ്രമം എന്ന് പറയുന്നത് ഇത് അല്ലാതെ മറ്റെന്തെങ്കിലും ഉപായമുണ്ടോ ഈശ്വരപ്രാപ്തിക്ക് മറ്റൊരു ഉപായത്തെയും നമുക്ക് മുഖ്യമായി ആശ്രയിക്കാൻ പറ്റില്ല മുഖ്യമായി ഓങ്കാരത്തെ തന്നെ ആശ്രയിക്കും അതുകൊണ്ടാണ് സാറിന് പറഞ്ഞു വരുന്നത് ഉപനിഷ വിദ്യയുടെ സമ്പ്രദായത്തിൽ എന്താണോ മണ്ഡൂക്യം ഏകം ഏവ അലം ഈ മാണ്ഡൂത്യം എന്ന് പറയുന്ന ഇത് ഒന്ന് മാത്രം മതി വിമുക്ഷൂണാം വിമോക്ഷയെ മോക്ഷക്കൾക്ക് മോചനത്തിന് വേണ്ടി രണ്ടാമതൊന്നു വേണ്ട എന്ന് സ്പഷ്ടമായി പറഞ്ഞു എന്തുകൊണ്ട് ഇവിടെ ഓങ്കാരമെന്ന് പറയുന്ന ഒരു ഉപായത്തിലൂടെ ബ്രഹ്മപ്രാപ്തിയെ ശ്രുതി നിർദ്ദേശിക്കുന്നു അതുകൊണ്ട് വാക്യശേഷ എന്നിവിടെ വ്യക്തമായി മനസ്സിലാക്കണം ൗക്ഷണമിം തഖ്യത്തിയപരിച്ഛേദ്യമായിരിക്കുന്നതാണ് ഭൂതംഭൂതവർത്തനഭാവികാലത്ത് കാലം എന്ന് പറയുന്നത് എന്താണ് കാലം എന്ന് പറയുന്നത് സങ്കല്പമാണ് സങ്കല്പത്തിനു വേറിട്ട് കാലം എന്ന് പറയുന്ന ഒന്നല്ല എന്ന് പറഞ്ഞാൽ ഭൗതികമായ പുസ്തകം പേന പോലെയുള്ള ഒരു വസ്തുവുള്ള കാലം കാലം എന്ന് പറയുന്നത് കേവലമായ ജീവന്റെ സങ്കല്പം മാത്രമാണ് കാലം സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കേവലം അന്ധക്കരണമാണ് സങ്കല്പം അന്ധക്കരണമാണ് അനസിന്റെ വേറെ രീതിയിൽ മനസ്സെന്ന് പറയും അദ്വൈതത്തിൽ പറയുന്ന എന്താണ് മനോവൃത്തി കാലം എന്ന് പറയുന്നത് കേവലമായ മനോവൃത്തിയാണ് അദ്വൈതത്തിൽ അദ്വൈതത്തിലല്ല ഇനി വേറെ വേറെ ഏതെങ്കിലും ആഹ് പരിശോധിച്ചാലും കാലത്തെ സംബന്ധിച്ച് അതിനപ്പുറം പോകാൻ പറ്റത്തില്ല മനോവൃത്തിയല്ലാതെ പറ്റുന്നു ആ മനോവൃത്തി എങ്ങനെ നീക്കുന്നു ഭൂതം വർത്തമാനം ഭാവി ഭൂതവർത്തമാന ഭാവി രൂപത്തിലുള്ള മനോവൃത്തിയാണ് മനോവൃത്തികളാണ് അതാണ് കാലം കാലത്രേ പരിച്ഛേദ്യം അത് മനോവൃത്തികളായതുകൊണ്ട് ഈ മനോവൃത്തിയുടെ പ്രത്യേകത എന്താണ് കാലവൃത്തി എന്ന് പറയുന്നത് എല്ലാ സങ്കല്പവൃത്തികൾക്കും സഹായകമായിരിക്കുന്നതാണ് കാലവൃത്തി അദ്വൈതത്തിൽ ഏത് സങ്കല്പ വൃത്തികൾ മനസ്സിലുണ്ടായാലും വൃത്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന വൃത്തി എന്ന് എടുക്കരുത് മനസ്സിന്റെ പരിണാമം അല്ലെങ്കിൽ മനസ്സിന്റെ ഒരവസ്ഥ വിശേഷം എന്നൊക്കെ എടുക്കുക അപ്പൊ ഏത് മനോവൃത്തികൾ ഉള്ളിലുണ്ടായാലും കാലവൃത്തി അതിനോടുകൂടി ചേർന്നിരിക്കും ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന കാലവൃത്തിയോടുകൂടി ചേർന്നേ ഒരുപക്ഷേ ചില സമയം നമ്മൾ അതിനെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരായെന്ന് വരത്തില്ല പക്ഷെ അതവിടെ ഉണ്ടായിരിക്കും അതിന് തെളിവാണ് നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും നമ്മൾ സ്മരിക്കുമ്പോൾ പൂർവ്വം എന്നിങ്ങനെ സ്മരിക്കുന്നു മുൻകാലം എന്ന് സ്മരിക്കുന്നു ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നമുക്ക് മുൻകാലം എന്നല്ലാതെ സ്മരിക്കാൻ പറ്റത്തില്ല എനിക്കിന്നലെ അന്ന് ഇന്ന അനുഭവം ഉണ്ടാകും ഇനി സ്മരിക്കുന്ന എന്തുകൊണ്ട് അനുഭവങ്ങളുടെയും കാലം വ്യക്തമായി സ്മരിച്ചില്ലെങ്കിലും കാലം ആ അനുഭവ വൃത്തിയോട് ചേർന്ന് നീക്കുന്നു അപ്പോ ഈ അനുഭവവൃത്തികളുടെ ഒരു പരിമിതിയാണത് കാലവൃത്തിയെ വിട്ടു നീക്കാൻ പറ്റത്തില്ല അതിനെയാണ് ഇവിടെ പറയുന്നത് എന്താണ് കാലത്രയപരിച്ഛേദ്യം സർവ അനുഭവങ്ങളും പ്രപഞ്ചാനുഭവങ്ങളും കാലത്രയപരിച്ഛേദ്യമാണ് ് പറഞ്ഞല്ലോ അനുഭവത്തിൽ നിന്നും വേറിട്ട് വസ്തുവില്ല അതാണ് വാചാരംഭണം വികാരവും നാമധൈവം എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞത് സർവ്വ അനുഭവങ്ങളും സർവ മനോവൃത്തികളും കാലപരിച്ഛിന്നമാണെങ്കിൽ ആ മനോവൃത്തികൾക്ക് വിഷയമായിരിക്കുന്ന സമ്പൂർണ്ണ പ്രപഞ്ചവും കാലപരിച്ഛിന്നമാണ് അതാണ് പ്രപഞ്ചം കാലപരിച്ഛേദ്യം എന്ന് പറയുന്നത് ം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഭൂതം ഭവിഷ്യത് ഇതിലത്രയം ഭൂതം ഭവത് ഭവിഷ്യത് ഈ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം മുഴുവൻ പരിചേദ്യമാണ് യദപ്യ ഓങ്കാരൈവ അതല്ല ഓങ്കാരം തന്നെയാണ് മുക്തന്യായതഹ ംഭണന്യായം മുമ്പ് പറഞ്ഞു വാചാരംഭണ ന്യായം എന്ന് പറയും ശ്രീയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ആ ന്യായം എന്ന് പറഞ്ഞാൽ യുക്തി ന്യായമെന്ന് സംസ്കൃതത്തിലെ മലയാളത്തിൽ പറയുന്ന യുക്തി എന്നാണ് എന്റെ അർത്ഥം ന്യായം എന്ന് പറയുന്നതിന് വേറെ അർത്ഥം പറയുന്നതാണോ അവൻ ചെയ്ത് അന്യായമായിപ്പോയി അതല്ല ഇവിടെ അർത്ഥം അന്യായത്തിന് വിപരീതമായിട്ടുള്ള ന്യായം സംസ്കൃതത്തിലുള്ള വാക്കുകൾ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ ന്യായം എന്ന് പറഞ്ഞാൽ അതല്ല യുക്തി യുക്തന്യായുന്യായ പറഞ്ഞ ന്യായമനുസരിച്ച് എന്താണോ ഭൂതംഭവത് ഭോഷ്യമെന്ന് പറയുന്നത് കാലത്ര പരിച്ഛേദ്യമാണ് അത് ഓങ്കാരമാണ് എച്ച ത്രികാലാതീതം ൃകാലാതീതം ഭൂതം വർത്തമാനം ഭാവി ഈ രീതിയിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം എന്താണ് തുച്ഛമായ പ്രപഞ്ചഭാഗങ്ങളാണ് ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭൂതം വർത്തമാനം എന്ന് പറയുന്നതിൽ നിന്നും ഭൂതം ഭാവി എന്ന് പറയുന്നതിൽ നിന്നും വിശേഷത വർത്തമാനത്തിനില്ല ഭൂതത്തിനും വർത്തമാനത്തിനും ഭാവിക്കും ഒരേ പ്രാധാന്യം എന്തുകൊണ്ട് അത് മൂന്നും കാലവൃത്തികളാണ് നിരന്തരം ജീവനോട് ചേർന്നിരിക്കുന്ന കാലവൃത്തികളാണ് ഒന്നിനും യാതൊരു വിശേഷതയില്ല ഇവിടെ എപ്പോഴും ചിന്തിക്കുന്നതിനെ കുറിച്ചാണ് കാലത്രയ അതീതമായ കാര്യത്തെക്കുറിച്ചാണ് കാലത്രയ വ്യവഹാരത്തിൽ എന്താണോ നമ്മൾ ചില സമയത്ത് ഭൂതത്തിന് പ്രാധാന്യം കൊടുക്കും ഭൂതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂതകാലത്തിന് പ്രാധാന്യം കൊടുക്കും ഭാവിയിന് നല്ല സങ്കല്പങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഭാവിക്ക് പ്രാധാന്യം കൊടുക്കും വർത്തമാനത്തിന് സ്വസ്ഥതയും സുഖവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കും പക്ഷെ ആധ്യാത്മികമായി ഇതിന് മൂന്നിന് യാതൊരു സ്ഥാനമുണ്ട് മൂന്നും കേവലമായ മനോവൃത്തികളാണ് ഇവിടെ പ്രാധാന്യം എന്താണ് ചോദിച്ചാല് ത്രികാലാതീതം ആയിരിക്കുന്നത് ത്രികാലാതീതം എന്ന് പറയുമ്പോൾ എന്താണോ കാലപരിച്ഛിന്നമായിരിക്കുന്ന ഭൂതവർത്തമാന ഭാവികളിലൂടെ അറിയപ്പെടുന്നത് കാര്യ അധികമ്യം കാര്യം എന്ന് പറയുന്നത് മൂന്നുമാണ് ഭൂതവർത്തമാന ഭാവികളാണ് കാര്യം ആ കാര്യത്തിലൂടെ അറിയപ്പെടുന്നത് കാര്യത്തിലൂടെ നേരിട്ടറിയാൻ പറ്റത്തില്ല കാര്യത്തിലൂടെ നമ്മൾ ഊഹിക്കുന്നത് യുക്തിയിലൂടെ ചില നിഗമനങ്ങളും നമ്മളെത്തിച്ചേരുന്നത് നേരത്തെ പറഞ്ഞല്ലോ വാചാരം ഭണന്യായം ഫലം മണ്ണിൽ നിന്ന് വേറെയല്ല മണ്ണതിന്റെ കാര്യം വേറെയല്ല ഇങ്ങനെ ഇങ്ങനെയെല്ലാം ചിന്തിച്ച് നമ്മൾ എത്തിച്ചേരുന്നു അതിന് നമ്മൾ ആ ചിന്തയ്ക്ക് നമ്മൾ ആശ്രയിച്ചെന്തിനാ കാര്യങ്ങൾ കാര്യം എന്ന് പറയുന്നതോ കാലപരിച്ഛനമായിരിക്കുന്ന ഈ പ്രപഞ്ചഘടകങ്ങൾ തിരിച്ചും മറിച്ചും എല്ലാം ചിന്തിച്ച് നമ്മളെന്ത് ചെയ്യുന്നു കാര്യത്തിലൂടെ അറിയാൻ ശ്രമിക്കുന്നു കാര്യത്തിലൂടെ അതിന് പൂർണ്ണമായി അറിയാൻ പറ്റത്തില്ല അതിന് കാര്യമെന്ന് പറയുന്ന ഒരു ഉപായത്തിലൂടെ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവിടെ കാര്യമില്ല അതാണ് അറിവിന്റെ നിറവെന്ന് പറയും അങ്ങനെയുള്ള ത്രികാലാതീതമായിരിക്കുന്ന നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അത് പ്രത്യേകം പറയുന്ന എന്തുകൊണ്ട് സാക്ഷാത്കാരത്തിൽ കാലമില്ല സാധാരണ അനുഭവത്തിലാണ് കാലം അത് ഭൂതമാകാം ഭാവിയാകാം അല്ലെങ്കിൽ വർത്തമാനമാകാം സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് കാലാതീതമാണ് അവിടെ കാലത്തിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ട് അവിടെ നിലനിൽക്കുന്നത് കാലാതീതമായ കാല അപരിച്ഛേദ്യമായ അതാണ് അതാണ് അവിടെ നിലനിൽക്കുന്നത് കാല അപരിച്ഛേദ്യം കാലാതീതം എന്ന് പറയുമ്പോൾ അവിടെയും മുഖ്യമായിരിക്കുന്ന പരമാത്മാവാണ് പരമാത്മാവ് അല്ലെങ്കിലും കാലാതീതമായ മറ്റു ചില ശ്രുതിയിൽ പറയൂ കാലത്തിനൂടെ യാതൊരു പ്രാധാന്യവും ശ്രുതി കാലത്തിന് യാതൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല അത് മാത്രമല്ല വർത്തമാന ഭൂതഭാവികൾക്ക് യാതൊരു മേന്മയും ഒന്നിനും കൽപ്പിക്കുന്നു കലാതീതമായി മുഖ്യമായി പലതിനും നിർദ്ദേശിക്കുന്നു കലാതീതമായി നിർദ്ദേശിക്കുന്ന ഒന്നെന്താണോ ഒന്ന് അവ്യാകൃതാത്മാവ് അതിനെ കാലാതീതം എന്ന് പറയും സൂത്രാത്മാവ് അങ്ങനെ കാലാതീതം എന്ന് പറയുന്നു അതെല്ലാം കാലാതീതമാണ് അതെങ്ങനെ മനസ്സിലാക്കാം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഉദാഹരണങ്ങൾ എന്ന് മനസ്സിലാക്കാം അവ്യാകൃതാത്മാവെന്ന് പറയുന്നത് എന്താണ് ഇനിയിപ്പോ ശ്രുതി ചെയ്യുമ്പോൾ പറയും അതിന്റെ ഒരു പ്രതിരൂപം നമുക്കൊന്നും അനുഭവമുണ്ട് അവിടെ കാലമില്ല നമ്മുടെ ഈ കാലസങ്കലത്തിനപ്പുറമാണ് എന്താണ് സുഷുതി ഗാഠനിദ്ര അവിടെ കാലമുണ്ട് ഇല്ല അപ്പം ഇനി കാലമില്ലാത്ത മറ്റൊരു സ്ഥാനമാണ് സ്വപ്നം സ്വപ്നത്തിന് കാലമില്ല ചെല്ലിയോതി സ്വപ്നത്തിന് സ്വപ്നത്തിന് ഇന്നലെ ഇന്നും നാളെയൊക്കെ ഉണ്ടല്ലോ ശരിയാണ് പക്ഷെ സ്വപ്നത്തിന് നമ്മുടെ ഈ കാലമില്ല നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഈ കാലം ഇല്ല നമ്മളെ ഇന്നത്തെ ഇവിടത്തെ ഇന്നലെ ഇന്നും നാളെ അവിടെ കാലം എന്ന് പറയുന്ന ഏതാണോ സ്വപ്നത്തിലെ കാലത്തെയല്ല നമ്മൾ കാലമെന്ന് പറയും സ്വപ്നത്തിലെ ഇന്നലെയല്ല നമ്മുടെ ഇന്നലെന്ന് പറയും സ്വപ്നത്തിലെ നാളെയല്ല നമ്മുടെ നാൾ വർത്തമാനത്തിലെ ഈ കാലം സ്വപ്നത്തിൽ അവിടെ എന്താണ് മായകൊണ്ട് സൃഷ്ടിക്കുന്ന ഒന്നാണ് ആ കാലത്തിൽ നമ്മുടെ ഇന്നത്തെ വർത്തമാനഭൂതഭാവികളൊന്നുമില്ല അതിന് സൂത്രാത്മാ എന്ന് പറയുന്നു ഇപ്പോ സുഷപ്തിയിലെ സമഷ്ടിയാണ് അവ്യാകൃതം സ്വപ്നത്തിലെ സമഷ്ടിയാണ് സൂത്രാത്മ അതുമെല്ലാം കാലാതീതമാണ് അപ്പോൾ കാലമെന്ന് പറയുന്നതിന്റെ നിസ്താരത എന്ന് പറയുന്നത് എന്ത് അത് കേവലം ഈ വർത്തമാന കാലത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ് ബാക്കിയെല്ലാം നമ്മുടെ അനുഭവങ്ങൾ നോക്കുക നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് പ്രധാനമായും മൂന്നായിട്ടിരിക്കും ജാഗ്രത സ്വപ്നം സുഷത്ത് അപ്പൊ മൂന്നിൽ ഭൂരിപക്ഷം ഏതിനാണ് രണ്ടിനാണ് ഒരിക്കലും ഒന്നിന് ഭൂരിപക്ഷം വരത്തില്ല പറയുമ്പോൾ സുഷത്തി സ്വപ്നം ഭൂരിപക്ഷമായിരിക്കുന്ന ഈ രണ്ടിനും കാലം ഒന്നിന് മാത്രമേ ഉള്ളൂ കാലം അപ്പൊ ആ കാലം ആ കാലത്തിന്റെ പരിണാമങ്ങൾ വർത്തമാനാധിപരിണാമം അതിൽ നിന്നിവിടെ യാതൊരു പ്രാധാന്യവും വളരെ ദുച്ഛമാണ് ഇപ്പോൾ കാലത്തെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള സാധനയും നിർദ്ദേശിക്കുന്നു അതുകൊണ്ട് പറയുന്ന എന്താണ് കാല അപരിച്ഛേദ്യമായിരിക്കുന്ന അവ്യാകൃത സൂത്രാത്മാവാദികൾ അതുമെന്താണ് തഥപ്പ് ഓങ്കാരയേവ അത് ഓങ്കാരമാണോ ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം എന്താണ് ആധ്യാത്മികമായി ചിന്തിക്കുമ്പോ ജാഗ്രതനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാജ്ഞാനത്തിൽ മൊഴിയും അന്ധതയിൽ കഴിയുന്നവനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ അവന് ജാഗ്രത മാത്രം പോലും ഒന്നുകൂടി ഉണർന്ന് ചിന്തിക്കണമെങ്കിൽ സ്വപ്നവും സുഷുപ്തിയും എല്ലാം എന്തൊക്കെ വിഷയമാക്കണം അതുകൊണ്ട് പറയുന്നു പിന്നെ അതിനപ്പുറമുള്ള നമ്മൾ പുരിയൻ എന്ന് വിളിക്കുന്ന നിരുപാധികമായ അതാണ് പരമാർത്ഥത്തിൽ കാലാധി അതുമെന്താണ് ഓങ്കാരം തന്നെയാണ് ഓവക്ഷണമിതം തസ്യപാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യത്തിതി ഓങ്കാര വിത്തയൃകാലും തദപ്യൂറേവശേരി ഓ ശിശാന് Thank you.